അദ്ദേഹം പറഞ്ഞു അറിവ് അള്ളാഹുസുബാനഹൂവ ത്ത് അയലായുടെ അടുക്കൽ മാത്രമാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്തിനാണോ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ അറിവില്ലാത്ത ഒരു ജനതയാണെന്നാണ് ഞാൻ കാണുന്നത്